അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രയേലിനും രാജാവായി അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ സാദൂക്കിന്റെ മകൻ അസലിയാവ് പുരോഹിതൻ ശീഷയുടെ പുത്രന്മാരായ എലിഹോരഫും അഹിയാവും രായസക്കാർ അഹീലൂദിന്റെ മകൻ യഹോ മന്ത്രി യഹോയാദയുടെ മകൻ ബനായാവ് സേനാധിപതി സാദൂക്കും അബ്യാധാരും പുരോഹിതന്മാർ നാഥാന്റെ മകനായ അസരിയാവ് കാര്യക്കാരന്മാരുടെ മേധാവി നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു അഹിഷ രാജഗ്രഹ വിചാരകൻ അബ്ദയുടെ മകൻ ീരാ ഊഴിയവേലക്കാരുടെ മേധാവി രാജാവിനും രാജഗ്രഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചുകൊടുപ്പാൻ ശലോമോന് ഇസ്രയേലിലൊക്കെയും പന്ത്രണ്ട് കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജനപദാർത്ഥങ്ങൾ എത്തിച്ചുകൊടുക്കും അവരുടെ പേരാവിത് യഫ്രൈം മലനാട്ടിൽ െൻഹൂർ മാക്കസ് ഷാൽബീൻ ബേത്ത് ഷെമേഷ് ഏലോൻ ബേത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻദേക്കർ അരുബോത്തിൽ ബെൻഹേസർ സോഖോവും ഹേഫർദേശം മുഴുവനും അവന്റെ ഇടവക ആയിരുന്നു നാഫത്ത് ദോറിൽ ബെൻ അബീനാദ അവന് ഷലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു അഹിലൂദിന്റെ മകനായ ബാനയുടെ ഇടവകാർ താനാക്കും മെഗിദോവും സാരെഥാൻ നരികെ ഇസ്രയേലിന് താഴെ ബേത്ത് ഷെയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോഗ്മയാമിന്റെ അപ്പുറം വരെയുമുള്ള ബേത്ത് ഷെയാൻ മുഴുവനും ഗിലാദിലെ രാമോത്തിൽ ബെൻഗേബർ അവന്റെ ഇടവക മനശയുടെ മകനായ യായിരിന് ഗിലയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളും ഉള്ള അറുപത് വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോപദേശവും ആയിരുന്നു മഹനൈമിൽ മകൻ അഹീനാദാവ് നഫ്താലിയിൽ അഹിമാസ് അവൻ ഷലോമോന്റെ മകളായ ബാഷേമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു ആഷേരിലും ബയാലുത്തിലും ഭൂഷയുടെ മകൻ ബാന ഇസാഖാരിൽ പാരൂഹിന്റെ മകനായ യഹോ ബെന്യാമീനിൽ ഏലയുടെ മകനായ ഷിമയി അമൂര്യ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലയാദ്ദേശത്ത് ഹൂരന്റെ മകൻ ഗേബർ ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദയും ഇസ്രയേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു നദി മുതൽ ഫെലിസ്തീയദേശം വരെയും മിസ്രൈമിന്റെ അതിർ വരെയുമുള്ള രാജ്യങ്ങളെയും ഷലോമോൻ വാണു അവർ കപ്പം കൊണ്ടുവന്ന് ഷലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു ഷലോമോന്റെ നിത്യ ചെലവ് ദിവസം ഒന്നിന് മുപ്പതുപറ നേരിയമാവും അറുപത് പറ സാധാരണ മാവും മാൻ ഇളമാൻ മ്ലാവ് പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച പത്തുകാളയുമേ മേച്ചൽപ്പുറത്തെ ഇരുപത് കാളയുമെ നൂറ് ആടും ആയിരുന്നു നദിക്കീക്കരെ തിപ്സഹ് മുതൽ ഗസ വരെയുള്ള സകലദേശത്തെയും ിക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു ഷലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രയേലും ദാൻ മുതൽ ബെർഷേബരെയും ഓരോരുത്തൻ താൻ താന്റെ കീഴിലും അതിവൃക്ഷത്തിൻ കീഴിലും നിർഭയം വസിച്ചു തന്റെ രഥങ്ങൾക്ക് നാൽപ്പതിനായിരം കുതിരലായവും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തി കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവുകൂടാതെ എത്തിച്ചുകൊടുക്കും അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവനിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു സകല പൂർവദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിശ്രയിമ്മരുടെ സകല ജ്ഞാനത്തെക്കാളും ഷലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു സകല മനുഷ്യരെക്കാളും യസ്രാഹ്യനായ യേഥാൻ മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ കൽകോൽ ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു അവൻ മൂവായിരം സദൃശവാക്യം പറഞ്ഞു അവന്റെ ഗീതൾ ആയിരത്തഞ്ച് ആയിരുന്നു ലബാനോനിലെ ദേവദാരുമുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പുവരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴജാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു ഷലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു